ം അഞ്ച് എന്റെ സഹോദരി എന്റെ കാന്തി ഞാൻ എന്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു ഞാൻ എന്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി ഞാൻ എന്റെ തേൻകെട്ട തേനോടുകൂടെ തിന്നും എന്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചും ഇരിക്കുന്നു സ്നേഹിതന്മാരെ തിന്നുവിൻ പ്രിയരെ കുടിച്ച് മത്തരാകുവിൻ ഞാൻ ഉറങ്ങുന്നു എങ്കിലും ഹൃദയം ഉണർന്നിരിക്കുന്നു വാതുക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം എന്റെ സഹോദരി എന്റെ പ്രിയെ എന്റെ പ്രാവെ എന്റെ നിഷ്കളങ്കെ തുറക്കുക എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളികൊണ്ടും നനഞ്ഞിരിക്കുന്നു എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു അവയെ മലിനമാക്കുന്നത് എങ്ങനെ എന്റെ പ്രിയൻ ൂടി കൈനീട്ടി എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി എന്റെ പ്രിയനെ തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു എന്റെ കൈ മൂറും എന്റെ വിരൽ മൂറിൻ തൈലവും തഴുതു പിടികളിന്മേൽ പൊഴിച്ചു ഞാൻ എന്റെ പ്രിയനുവേണ്ടി തുറന്നു എന്റെ പ്രിയനോ പൊയ്ക്കളഞ്ഞിരുന്നു അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടില്ല ഞാനവനെ വിളിച്ചു അവൻ ഉത്തരം പറഞ്ഞില്ല നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു അവർ എന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു മതിൽ കാവൽക്കാർ എന്റെ മൂടുപടം എടുത്തുകളഞ്ഞു എരിച്ചിലേൻ പുത്രിമാരെ നിങ്ങളെന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശ ആയിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളോവേ നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്തുവിശേഷതയുള്ളു നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്തുവിശേഷതയുള്ളൂ എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെപ്പോലെ കറുത്തും ഇരിക്കുന്നു അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതും ആകുന്നു അവന്റെ കവിൾ സുഗന്ധ തടവും നറുന്തൈകളുടെ വാരവും അവന്റെ അധരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു അത് മൂറിൻ തൈലം ൊഴിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണനാളങ്ങൾ അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്ത നിർമ്മിതം അവന്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽത്തൂൺ അവന്റെ രൂപം ലെബാനോനെ പോലെ ദേവതാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു അവന്റെ വായ ഏറ്റവും മധുരമുള്ളത് അവൻ സർവാംഗ സുന്ദരൻ തന്നെ എരുശലേം പുത്രിമാരെ ഇവനത്രേ എന്റെ പ്രിയൻ ഇവനത്രേ എന്റെ സ്നേഹിതൻ